അനുകമ്പാ ദിശകത്തിൻ്റെ ആദ്യത്തെ അഞ്ച് ശ്ലോകങ്ങൾ ആദ്യ ഭാഗമായ തത്വദർശനം നമ്മൾ കണ്ടു അതിൽ കരുണാകരനെ വിളിച്ച് കരുണയുടെ ഇരിപ്പിടമായ ഈശ്വരൻ ഈശ്വരൻ അനുകമ്പാദിശകത്തിൽ അനുകമ്പയുടെ ഇരിപ്പിടമായാണ് പ്രത്യക്ഷപ്പെടുന്നത് ആ ഈശ്വരനെ സദാ സർവദാ തൻ്റെ ഉള്ളിലുണ്ടാവണം കരുണയുടെ ആഗ്രഹമായ ഭഗവാൻ ഉള്ളിലിരിക്കുമ്പോൾ കരുണയല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല ആദ്യ ഭാഗമായി രണ്ട് ഒരു ഉറുമ്പിന് പോലും പീഴയുണ്ടാകാത്ത അനുകമ്പ എന്നിൽ നിറയണം അത് അരുളിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഇരുളല്ലെങ്കിൽ അജ്ഞതയാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം അത് ഗ്രസിച്ചാൽ അൻപ് അകന്ന് അല്ലലുണ്ടാകും അൻപ് വന്നാൽ അരുളിൽ നിന്നുള്ള അൻപ് വന്നാൽ അത് അറിവായി സ്ഫുരിക്കുകയും ചെയ്യും അതിൻപത്തെ ഉണ്ടാകും പ്രേമത്തെ ഉണ്ടാക്കും അതെല്ലാ സുഖങ്ങൾക്കും ആനന്ദത്തിനും കാരണമായി തീരുകയും ചെയ്യും അരുളും അൻപും അനുകമ്പയും മൂന്നിനും കരു ഒന്ന് തന്നെയാണ് അതേസമയം അതില്ലായ്മയാണ് സംസാരത്തിന് കാരണം അരുളുള്ളവനാണ് ജീവി എന്ന സദാ സർവത ജപിക്കേണ്ടതാണ് ഇതെല്ലാം നാം കണ്ടു ഇതിനെ ആസ്പദമാക്കി അരുൾ ഉള്ളവരാരെല്ലാം അങ്ങനെ ആരൊക്കെ ജീവിച്ചിട്ടുണ്ട് കാരണമോ അനുകമ്പയാണ് കീർത്തിതമായിരിക്കുന്ന അരുൾ അതിനെ പിൻപറ്റിയാണ് മഹാപുരുഷന്മാരും കീർത്തിമാന്മാരായിരിക്കുന്നത് അവരുടെ കീർത്തിയിലൂടെ അവർക്കല്ല കീർത്തി അറിവിന് തന്നെയാണ് ആ അറിവ് ആയിത്തീർന്ന ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി എന്ന പ്രമാണത്തിൽ അറിവായിത്തീർന്നവർ അവരുടെ പരമ്പര അതിലാണ് പെടേണ്ടത് അവരാരല്ല അതിന് കുറച്ചുദാഹരണങ്ങൾ ആ പരമ്പരയിലെ ഉന്നത ശിഷ്യരായ ആളുകളെ ആസ്പദമാക്കി ഗുരുദേവൻ ചൂണ്ടിക്കാണിക്കുന്നു അതിലൊന്നാമത്തത് ശ്രീകൃഷ്ണ പരമാത്മാവാണ് പരമാർത്ഥത്തെ ഉപദേശിച്ച് തേർവിടുന്ന പരംപൊരുളാണോ ഈ അനുകമ്പയാണ്ടവൻ ഭൂതദയാക്ഷമാപ്തിയാണോ ഈ അനുകമ്പയാണ്ടവൻ സരളാത്വയ ഭാഷ്യകാരന ഗുരു ആണോ ഈ ചൈതന്യമാണവൻ ഒന്നാമത്തത് കൊണ്ട് സൂചിതമാകുന്നത് കൃഷ്ണനെയാണെന്ന് സ്പഷ്ടമാണ് മഹാഭാരത യുദ്ധക്കളത്തിൽ തേരോടിച്ച ആയുധമില്ലാത്ത തേരാളി പരമാർത്ഥത്തെ യുദ്ധക്കളത്തിൽ പോലും പാർത്ഥൻ ഉപദേശിച്ചവൻ കൃഷ്ണനാണ് ഭൂതദയാക്ഷമാധി ബുദ്ധനാണ് ഇത്രയും ഭൂതതയുള്ള ഒരാൾ ഉണ്ടായിട്ടില്ല എന്ന് തോന്നും അദ്ദേഹത്തിൻ്റെ ജീവിതം എടുത്താൽ അദ്ദേഹത്തിൻ്റെ പോലും അതാണ് ഒട്ടേറെ കവികൾക്ക് വിഷയമായിട്ടുള്ള ബുദ്ധൻ ബുദ്ധൻ്റെ ചരിത്രം ലൈറ്റ് ഓഫ് ഏഷ്യ മുതൽ ഇങ്ങോട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധൻ്റെ തത്വസിദ്ധാന്തങ്ങളിൽ എത്തിപ്പെടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൗദ്ധിക ജീവിതത്തിൻ്റെ ിൽ ഈശ്വര നിഷേധത്തിൻ്റെ പ്രചണ്ഡമായ സന്ദേശങ്ങൾ വളർത്തിയ രാഹുൽ സാന്ക്രിയായനൻ പോലും വഴുതി നീഴുന്നത് ആ ഭൂതയയ്ക്ക് മുമ്പിലാണ് ആ ബുദ്ധൻ വി സാരൻ്റെ യാഗവും ചുറ്റുപാടുകളുമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഒക്കെ പറഞ്ഞ് നേരെ ഞാൻ കളയുന്നില്ല ആ ബുദ്ധനാണ് ഈ അനുകമ്പവൻ കൃഷ്ണനെയും ബുദ്ധനെയും കടന്ന് സരളാദ്വയ ഭാഷ്യകാരം ഗുരുവോ ഇനി നിങ്ങളുടെ ഇടയിലെ നമ്പൂരിമാർക്കും നായന്മാർക്കും ഈഴവർക്കും ഒന്നും സംശയം വേണ്ട അദ്വയ ഭാഷ്യകാരൻ തന്റെ ഗുരുവാണെന്ന് ശങ്കയില്ലാതെ പറഞ്ഞു കഴിഞ്ഞു അതും വാക്കുകൾ എങ്ങനെ വഴങ്ങുന്നു അദ്വയഭാഷ്യത്തെ സരളമെന്ന് വിശേഷിപ്പിക്കുമ്പോൾ അദ്വയഭാഷ്യകാരനായ ഗുരുവിൻ്റെ അനുകമ്പയെ സ്മരിക്കുമ്പോൾ ശങ്കരചരിത്രത്തിൽ ഇല്ലാത്തതെല്ലാം ചേർത്തുവെച്ച് കർമ്മകണ്ഡ ജടിലമായ ലോകത്ത് ജനങ്ങളെ വഞ്ചിച്ചു പോന്ന ബ്രാഹ്മണ്യം ഒരു ഭാഗത്ത് ശങ്കരനെ എതിർക്കുമ്പോൾ അവശൂദ്രാധികരണത്തിൻ്റെ പേര് പറഞ്ഞു മറ്റുള്ളവർ ശങ്കരചരിതത്തിലേക്ക് പലതും കയറ്റി വ്യാഖ്യാനിക്കാൻ ഒരുപിടുമ്പോൾ ഭാരതീയ തത്വസംഹിതയ്ക്ക് അദ്വയഭാഷ്യം നൽകി സകലചരാചരാന്തർഭൂതമായിരിക്കുന്ന അദ്വയമായിരിക്കുന്ന ആത്മാവിനെ ഒരു ജനതയുടെ അനുകമ്പയുള്ള ലോകങ്ങളിലേക്ക് കൂട്ടിക്കൊടുത്ത ആ തലം ജനഹൃദയത്തിന് നഷ്ടമാകുന്നു എന്നത് മാത്രമാണ് അതുകൊണ്ടുള്ള നേട്ടം ഒരു ഭാഗത്ത് കർമ്മകണ്ഡത്തെ എതിർത്തു പോകുന്ന ശങ്കരനെ ബ്രാഹ്മണ്യം ശക്തമായി എതിർത്തിരുന്നു അടുത്ത കാലത്താണ് ആചാര പാരമ്പര്യത്തിൽ പോലും അതിൻ്റെ പാപത്തിൽ നിന്ന് കേരള ബ്രാഹ്മണർ മോചനം നേടിയത് കേരളത്തിലെ ബ്രാഹ്മണ്യം അമ്മയുടെ ശവം വഹിപ്പിക്കുവാൻ കൊണ്ടുപോയിരുന്നതെല്ലാം മുറിച്ചാണ് പാലക്കാട്ടും കിടത്തി ഗർഭ കൊണ്ട് മുറിക്കുന്നുവെന്ന് സങ്കല്പിച്ചാണ് മുറിച്ചിരുന്നത് ബ്രാഹ്മണരിപ്പുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും കാരണം ശങ്കരൻ മറ്റുള്ളവർ സഹായിക്കാത്തതുകൊണ്ട് അമ്മയെ ജടം കഷ്ണങ്ങളാക്കി കൊണ്ടുപോയി എന്നുള്ളതിൻ്റെ സ്മരണ ആ ശാപമേറ്റുവാങ്ങിയ പാരമ്പര്യം ദർഭം കൊണ്ട് മുറിക്കുന്നുവെന്ന് സങ്കല്പിച്ചാണ് കൊണ്ടുപോയിരുന്നത് അടുത്ത കാലത്ത് ഒരു ശങ്കരാചാര്യരുടെ കേരളത്തിലൂടെയുള്ള ദിഗ്വിജയത്തോടെയാണ് പാവം തീർന്നത് എന്നവർ ഇപ്പോൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് അടുത്ത കാലത്ത് ബ്രാഹ്മണ്യം എത്രത്തോളം ശങ്കരനെ എതിർത്തിരുന്നു എന്നപ്പോൾ നിങ്ങൾക്ക് ബോധത്തിലാവും ഭാഷ്യങ്ങളൊക്കെ നശിപ്പിക്കുവാൻ ബ്രാഹ്മണ്യം എത്രത്തോളം ശ്രമിച്ചിരുന്നു എന്നും അറിയാം ഇതര ജാതികളും മതങ്ങളും ശങ്കരനെ ബ്രാഹ്മണപക്ഷവാദിയായി ചിത്രീകരിച്ചാണ് എതിർത്തത് ഈ എതിർപ്പുകൾ ഒന്നും കരുണയുടെയും അനുകമ്പയുടെയും ലോകത്ത് തന്റെ പ്രകൃഷ്ടൃതികളെയും സംസ്കൃതം വായിച്ചറിയാൻ ആവാത്തത് കൊണ്ട് പലരും അറിയുന്നവർ പറയുന്ന തെറ്റുകളിൽ വീണുപോയതും ഇതിന്റെ ഭാഗമാണ് നിങ്ങളുടെ കയ്യിലെ വിവാഹ ചൂടാമണികളിൽ സന്യാസിശ്രേഷ്ഠന്മാർ പോലും വ്യാഖ്യാനം എഴുതുമ്പോൾ ബ്രാഹ്മണ പ്രശംസ എന്നൊരു ഹെഡിങ് എഴുതിയിട്ടുണ്ട് വിടിച്ചതെടുത്ത് നോക്കണം ജന്തു നരജന്മ ദുർലഭമത പുംസ്തം തപ്രത ൈദിക ധർമ്മമാർക്ക് വരത വിദ്യം അസ്മാത് പരം മുക്തി ജന്മ സുഹൃതൈ പുണ്യൈ വിനാലപ്യത ഇതാണ് ശ്ലോകം അതിന് മുകളിലാണ് ബ്രാഹ്മണ പ്രശംസ നേടിയിരിക്കുന്നത് അന്നുവരെ സ്വാഭിമാനികളായ ബ്രാഹ്മണരെ നോക്കി ജന്തുനാം നരജന്മതുഭമത ജന്തുക്കളിൽ നരജന്മം ശ്രേഷ്ഠമാണ് പുംസ്വം അതിലും ശ്രേഷ്ഠമാണ് അതിൽ പുരുഷനാവുക സ്ത്രീകളെ കുറിച്ച് മോശമാണെന്നാണ് വെപ്പം അത് അതേപടി അംഗീകരിച്ചു പറഞ്ഞു പുംസ്ത്വം തതോ വിപ്രത ബ്രാഹ്മണനാവുക കുറെ കൂടെ ശ്രേഷ്ഠാണ് വിപ്രത തസ്മാകധർമ്മ മാർഗരത വൈദികധർമ്മത്തിൽ പെടുക അത് കുറച്ചുകൂടെ ശ്രേഷ്ഠമാണ് ബ്രാഹ്മണനായാലും പോലെ അതിലും കുറച്ചുകൂടെ കൂടിയതാണ് വിദ്വത്വം അസ്മാത്പരം പണ്ഡിതനായാലോ കുറെ കൂടെ ഇത്രയും ഭാഗം പൂർവപക്ഷമാണ് സിദ്ധാന്തപക്ഷമല്ല ശങ്കരന്റെ അസന്ധിഗ്ധമായ അഭിപ്രായം അടുത്തതാണ് മുക്തിഹി ശതകോടി ജന്മ സുഹൃതൈഹി പുണ്യഭ്യത ഇതിന് ഹെഡിങ് എഴുതിയപ്പോൾ മനഃപൂർവ്വം ശങ്കറിനെ മോശമാക്കാൻ എഴുതിയതുപോലല്ലേന്ന് വായിച്ചു നോക്കി മുക്തി എന്നത് നൂറുകോടി ജന്മമുണ്ടായാൽ ുംഹൃതം ഒന്നുകൊണ്ടല്ലാതെ നരനായതുകൊണ്ടോ പുരുഷനായതുകൊണ്ടോ ബ്രാഹ്മണനായതുകൊണ്ടോ വേദപാരമ്പര്യത്തിൽ പെട്ടതുകൊണ്ടോ ഒന്നും കിട്ടില്ല എന്ന് സ്പഷ്ടമാക്കിയിട്ടുണ്ട് അതേ ശങ്കരൻ ബ്രഹ്മസൂത്രത്തിന്റെ ഭാഷ്യം ചമയ്ക്കുമ്പോൾ അതിൽ ബ്രാഹ്മണ്യം കൊണ്ട് മാത്രമേ മുക്തി കിട്ടുള്ളൂ അധാദോ ബ്രഹ്മ ജിജ്ഞാസ എന്ന സൂത്രത്തിന് ചതുസൂത്രിയിലെ പ്രഖ്യാത സൂത്രത്തിന് ബ്രഹ്മസൂത്രം തുടങ്ങുന്നത് അങ്ങനെയാണ് അതാതു ബ്രഹ്മജിജ്ഞാസ ജന്മാത്രയോനി ചതുസൂത്രി ചതുസൂത്രിക്ക് വ്യാഖ്യാനം ചമയ്ക്കുമ്പോൾ ആചാര്യൻ ഭാഷ്യം ചമയ്ക്കുമ്പോൾ ആചാര്യൻ അധശബ്ദത്തിന് ആനന്ദരിയെന്ന അർത്ഥം കാണാമായിരുന്നു തനിക്ക് മുമ്പുള്ള ആചാര്യന്മാർ പോയ വഴികളോ തനിക്ക് ശേഷമുള്ള ആചാര്യന്മാർ പോയ വഴികളോ ശങ്കരം ആൽബർട്ട് സൈഡ്സറും രാമാനുജനും വരെ ബ്രാഹ്മണ്യത്തിന്റെ പക്ഷപാതത്തിൽ നിന്നുകൊണ്ട് ബ്രഹ്മസൂത്രത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ആൽബർട്ട് സൈഡറും രാമാനുജനും വരെ സംശയം വേണ്ട ആൽബർട്ട് സൈബ്സറുടെ ബ്രഹ്മസൂത്ര വ്യാഖ്യാനത്തില് ആനന്ദരീയമെന്ന അർത്ഥം വേണമെന്ന് പിടിച്ചിട്ടുണ്ട് അതിനെ അവലംബിച്ചുകൊണ്ടാവാം ഫാദർ ജെ കട്ടയ്ക്കൽ രാമാനുജ മതത്തെയും സ്വൈറ്റ്സറുടെ മതത്തെയും യോജിപ്പിച്ചുകൊണ്ട് അദ്വൈത ധർമ്മചിന്ത എന്ന പുസ്തകത്തിൽ ശങ്കരനെ നേരിടുന്നുമുണ്ട് അതുകൊണ്ട് ശങ്കരനാകട്ടെ ഇതിൻ്റെ ആദിമ സംസ്കൃതിയിൽ തന്നെ എന്ന് പറഞ്ഞാൽ ശങ്കരന് ശേഷമാണ് രാമാനുജനും മാധ്യവനും ഒക്കെ വന്നത് ദ്വൈതവും വിശിഷ്ടാദ്വൈതവും ഒക്കെ ശങ്കരന് ശേഷം വളർന്നു വന്നവയാണ് അവട്ടറിവ് കുറഞ്ഞു വരുന്നു എന്നേ പറയാനാവുള്ളൂ ശങ്കരമതത്തിന് മുമ്പല്ല ശങ്കരമതത്തിൽ ശങ്കരൻ പൂർവപക്ഷമാക്കിയിരിക്കുന്നതാണ് ഈ ആചാര്യന്മാരെടുത്ത് വിളമ്പിയതും മുമ്പേ പറഞ്ഞ പൂർവപക്ഷം പോലെ അതിന് പാണ്ഡിത്യൊന്നും വേണ്ട ശങ്കരൻ കുറിച്ചു വെച്ച പൂർവ്വപക്ഷ എല്ലാം കൂടെ ചേർത്തൊരു പുസ്തകം എഴുതി നമ്മുടേതായ കൊടുത്താൽ മതി ശങ്കരൻ അവയെ എങ്ങനെ നിഷേധിച്ചിരിക്കുന്നു അതിന് താക്കീയ യുക്തികളേലൊക്കെയാണ് ബ്രഹ്മസൂത്രത്തിന്റെ ആദിമസൂത്രത്തില് അധശബ്ദത്തിന് ആനന്ദരിയമെന്നർത്ഥമില്ലെന്ന് സ്ഥാപിക്കുകയാണ് ശങ്കരൻ ചെയ്തത് അതിന് ശങ്കരൻ സാധനാചതുയ സമ്പന്നനായിട്ട് എന്നാണ് വ്യാഖ്യാനം കൊടുത്തത് അധശബ്ദത്തിന് അർത്ഥം പറയുമ്പോൾ സാധന ചതുഷ്ടയ സമ്പന്നനായിട്ട് വിവേകം വൈരാഗ്യം സമാധി ശബ്ദസമ്പത്തി മോക്ഷുത്വം ഇതേ വേദം ഇത് പഠിക്കാനായിട്ട് വേണ്ടു മുക്തിക്ക് ഇത് മാത്രേ വേണ്ടൂ ധർമ്മ വേണ്ട ധർമ്മ ജിജ്ഞാസ ബ്രഹ്മജിജ്ഞാസ എന്നു നിഷേധിക്കുമ്പോൾ കർമ്മകണ്ഡപ്രോക്തൃമായ അന്ധകരണശുദ്ധിക്ക് വേണ്ടിയെന്ന് എല്ലാ കർമ്മകലാപങ്ങളെയും ഒന്നിച്ച് നിഷേധിക്കുന്ന ശങ്കരൻ എങ്ങനെ ബ്രാഹ്മണപക്ഷപാതിയാകുമെന്ന് ആലോചിച്ചിട്ടല്ല സ്വന്തം ജാതിയുടെയും നിലകൊണ്ടുകൊണ്ട് നോക്കുമ്പോൾ ഇതര ജാതികളോടുള്ള വെറുപ്പിന്റെയും തലങ്ങളിൽ പിന്നീട് വന്ന പ്രഖ്യാത പണ്ഡിതന്മാർ കൂടി നിലകൊണ്ടുപോയത് ഇവിടെ ജാതി ഉണ്ടായത് പിന്നീട് അവർക്ക് അവരുടെ ജാതി മുഴുത്തുപോയത് കൊണ്ട് വന്നതാണ് എന്ന് പറയാതെ വയ്യ അതില്ലാത്തത് കൊണ്ടുള്ള ഒരു അനുകമ്പയിൽ നാരായണ ഗുരു എങ്ങനെ ഉയർന്നു നിൽക്കുന്നു എങ്ങനെ നാരായണ ഗുരുവും ഈഴവരും തമ്മിൽ വ്യത്യാസമുണ്ട് എങ്ങനെ നാരായണ ഗുരുവും നായന്മാരും തമ്മിൽ വ്യത്യാസമുണ്ട് എങ്ങനെ നാരായണ ഗുരുവും തമ്മിൽ വ്യത്യാസമുണ്ട് എങ്ങനെ നാരായണ ക്രിസ്ത്യാനികളും തമ്മിൽ വ്യത്യാസമുണ്ട് എങ്ങനെ നാരായണ ഗുരുവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്തുകൊണ്ട് നാരായണ ഗുരുവോ ശങ്കരനോ അതുപോലുള്ള ഉന്നതന്മാരായ ആളുകളോ ജാതിയിൽപ്പെട്ടവരല്ല എന്തുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ജാതിയിൽപ്പെട്ടാൽ നിങ്ങൾക്ക് മോക്ഷവും ആനന്ദവും കിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലാവുക ഇത് കുറച്ച് വിഷമമുള്ളതാണ് സഭയിൽ മോക്ഷമില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അതും ഇവിടെ സ്മരിക്കുകയും കർത്താവിനെ അറിയണം ഈശോമിശികയെ അറിയണം മാമൂദ്സ്ലാ മുങ്ങിയാൽ മാത്രം പോരാ അതിന്റെ കഥ വേറെയാ തിന്റെ രണ്ടാം ഭാഗം വളരെ മനോഹരമാണ് അതിൽ ഈ ശ്ലോകത്തിൽ മൂന്ന് പേരെയാണ് സ്മരിക്കുന്നത് ഒന്ന് കൃഷ്ണൻ ഒരു യുദ്ധവും അരുതന്ന് പഠിപ്പിച്ച കൃഷ്ണൻ നിങ്ങൾക്കൊരായിരം ചോദ്യങ്ങൾ ഉണ്ടായി വരുമെന്ന് എനിക്കറിയാം കാരണം നിങ്ങൾ ഗീത പഠിച്ചതാണ് യുദ്ധ കൃതനിഷ്ഠയ ഇതൊക്കെ അതിനകത്ത് അല്ലേ സ്വാമികളെ എന്ന് ചോദിക്കാൻ വെമ്പുന്നവരെ എനിക്കറിയാം ഇത് അതിനകത്ത് തന്നെയല്ലേ യദൃയാജ ഉപന്നം സ്വർഗദ്വാരൃതം സുഖിനേ യുദ്ധം ഈദൃശ്യം സ്വധർമ്മിജാ ഇതൊന്നും അത് നല്ലപോലെ വായിച്ചു നോക്കിയിട്ടാണ് പക്ഷെ ഞാൻ വായിച്ചത് എന്റെ ആചാര്യന്മാർ പറഞ്ഞ വഴിയിലാണ് സ്വാതന്ത്ര്യ സമരത്തിലെ ഗീതകൾ വെച്ചല്ല അതിനൊരു പാരമ്പര്യ വഴിയുണ്ടത് പഠിക്കാൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടാൻ ഗീതാവഖ്യാനം തേടിപ്പോവുകയും അതിനപ്പുറം ബ്രിട്ടീഷുകാരുമായുള്ള ഏറ്റുമുട്ടലിന്റെ രംഗവേദികളിൽ പന്നിയുടെയും പശുവിന്റെയും കൊഴുപ്പാണ് വെടിയുണ്ടക്കെന്ന് പറഞ്ഞു പരിപ്പിക്കുകയും ഒക്കെ ചെയ്തതുപോലുള്ള വ്യാഖ്യാനങ്ങൾ ഒട്ടേറെ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ന്യായന്യായങ്ങളിലേക്ക് കടന്ന് ഗീത പഠിക്കരുത് പഠിച്ചാൽ പണ്ഡിതാഗ്രേസ്വരനായ മാരാര് പറഞ്ഞിടത്ത് നിൽക്കും നിങ്ങൾ ഭാരതപര്യടനത്തിൽ മാരാരൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആ ചോദ്യം നിങ്ങൾ വായിച്ചു പോയെങ്കിൽ നിങ്ങളുടെ ഗീതാപഠനത്തിനൊരു കല്ലുകടിയായി മാറും അതും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഭാരതപര്യടനം ഇല്ല അശ്വരക്ഷിതാവായി പോകുന്നത് അർജുനനാണ് മഹാഭാരത യുദ്ധം കഴിഞ്ഞ് അതറിയാമായിരിക്കും മരുത്തൻ നിക്ഷേപിച്ച ധനമെടുത്ത് രാജസൂയം നടത്തുമ്പോൾ അശ്വത്തെ രക്ഷിക്കുന്നവനായി കൂടെ പോയത് അശ്വത്തോടൊപ്പം പോയത് അർജുനനാണ് അർജുനൻ സൈന്ധവം എന്നൊരു രാജധാനിയുണ്ട് സപ്തസൈന്ധവം അതിന്റെ അതിർത്തിയിൽ എത്തി എന്ന് കേട്ടപ്പോൾ സൈന്ധവത്തിലെ രാജാവ് സുരഥൻ പേടിച്ചു മരിച്ചു ജയദ്രഥന്റെ പുത്രനാണ് സുരഥൻ മഹാഭാരത യുദ്ധക്കളത്തിൽ മൃത്യുഞ്ജയനായ തന്റെ പിതാവിന്റെ ശിരസ് അസ്ത്രാഗ്രഹത്തിലെടുത്ത് തന്റെ പിതാമഹന്റെ കൈകളിലേക്ക് കൊടുത്ത് അർഹ്യവുമായി നിൽക്കുന്ന ധ്യാനനിമഗ്നായ കൈകളിൽ കിണ തലകണ്ടി ചെട്ടി തല താഴേക്കിടുമ്പോൾ അദ്ദേഹത്തിന്റെ തലയിൽ ഒന്നിച്ച് പൊട്ടിത്തെറിച്ച ആ രോമഹർഷണമായ സന്ദർഭമോർത്ത് സുരഥൻ പേടിച്ചു മരിച്ചു വ്യാസൻ ചിത്രീകരിക്കുന്ന ഒരു രംഗമുണ്ട് പകമൊഴുത്ത സൈന്ധവീരന്മാരുമായി അർജുനൻ ഏറ്റുമുട്ടി ഒടുവിൽ ഒരുവിധം അവരെ പരാജയപ്പെടുത്തി വിജയിച്ചരുളുന്ന അർജുനന്റെ അടുക്കലേക്ക് ദുശള നൂറ്റഞ്ച് കൗരവ സഹോദരന്മാരുടെ ഏക സഹോദരി സ്ത്രീത്വത്തിന്റെ ഭൂഷണമായ തളിവിളം കുഞ്ഞിനെയും കയ്യിലെന്തി ഒന്ന കുഞ്ഞിനെ കൊണ്ടുവന്ന് അർജുനന്റെ കാൽക്കൽ വെച്ച് പറഞ്ഞു ജ്യേഷ്ഠ അപനയക്കാരും അനാചിരുമായ എന്റെ സഹോദരന്മാരും ഭർത്താവും ചെയ്തതിനൊക്കെ അങ്ങ് ീരോചിതമായി പകവീട്ടി എനിക്ക് ദുഃഖമില്ല അങ്ങയുടെ ആഗമനം കേട്ട് പേടിച്ചെന്റെ പുത്രനും മരിച്ചു ഇല്ല ജ്യേഷ്ഠ എനിക്ക് അതിലും ദുഃഖം ഈ കൈക്കുഞ്ഞിന്റെ ജീവനെങ്കിലും എന്റെ വംശത്തിന്റെ നിലനിൽപ്പിനായി അങ്ങ് വിട്ടുതരണമേ എന്ന് അപേക്ഷിക്കുമ്പോൾ വ്യാസൻ ബഹുസാന്ത്വ പരിശോജ്യ എന്ന ചുരുങ്ങിയ പദങ്ങൾ ഉപയോഗിച്ച് ദുര്യോധനം ക്ഷുദ്രം രാജ്യലബ്ധം ചാനിനം ബാന്ധവ സർവേമയാനീതായമക്ഷെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ചൊക്കെ നിലകൊള്ളുമ്പോൾ മാരാൻ ചോദിക്കുന്ന രണ്ടു മൂന്ന് ചോദ്യമുണ്ട് ആയിരം കൂരാനികൾ എഴുന്ന നിൽക്കുന്ന മുള്ളിലവിൻ തടി പോലത്തെ ഒരു തടി കൊണ്ട് ഹൃദയത്തിലെ കാഞ്ഞടിച്ചാലത്തെ പോലൊരു വേദന അർജുനൻ ആ സമയത്ത് അനുഭവിക്കുന്നുണ്ടാവില്ലേ അനുകമ്പയാണല്ലോ വിഷയവും അവിടെ താൻ പണ്ട് കേട്ട ഗീതോപദേശം അർജുനനെ രക്ഷിക്കുമോ മലടി ശക്തമായിട്ട് ഭഗവത്ഗീതോപദേശം അത് കേട്ട് അത് യുദ്ധത്തിനാണ് അതുകൊണ്ട് യുദ്ധം ചെയ്ത് വീരനായി ക്ഷത്രിയനായി രാജ്യത്തിൻ്റെ ഉടമയായി നിലകൊള്ളുമ്പോൾ നൂറ്റഞ്ച് കൗരവ സഹോദരന്മാരുടെ ഏക സഹോദരി ദുശല വിധവയായി കുഞ്ഞനാഥമായി അതിനെ കൊണ്ടൊന്ന് കാൽക്കൽ വച്ച് ജീവൻ വിട്ടുതരണമേ എന്ന് പറയുമ്പോൾ പണ്ട് കേട്ട ഭഗവത്ഗീതോപദേശം അർജുനൻ ഇന്ന് പഥ്യമാകുമോ സുഖമാകുമോ മാരാരുടെ ചോദ്യം വെറുതെ മറന്നു പറ്റില്ല ഗീത യുദ്ധത്തിനാണെന്ന് പഠിക്കുന്നവരും പഠിക്കുന്നവരും ഈ ചോദ്യത്തിനുത്തരം ഹൃദയത്തിൽ കണ്ടെത്തേണ്ടി തീർന്നില്ല മാരാര് മാരാർ ഭംഗിയായ അടുത്ത അടിയടിച്ചു അതെ ആ ഭഗവത് വചനാമൃതം കൊണ്ടാണല്ലോ ഈ നില ഈ കുട്ടിക്ക് എന്നിട്ടും ആരാർക്കും മതിയായില്ല ഭഗവത് വചനത്തിന്റെ പരാജയസ്ഥാനമാണിത് ഭഗവത്ഗീതയുടെ പരാജയസ്ഥാനമാണിത് ഗീതാകർത്താവിന്റെ വിജയസ്ഥാനവും അന്ന് യുക്തിവാദിയായിരുന്ന മാരാല് ഒരു സ്റ്റെപ്പൂടെ കൂട്ടിയടിച്ചു യാതൊരു ഭഗവത് വചനത്താലും പരിഹരിക്കപ്പെടുന്നതല്ല ജീവിതമേൽപ്പിക്കുന്ന യാതനകളെന്ന് സമർത്ഥിക്കുവാനാണല്ലോ വ്യാസനിതെഴുതിയത് യുദ്ധം ചെയ്യിപ്പിച്ചോ ഇത് സത്യമാണെന്ന് അംഗീകരിക്കേണ്ടി വരും മനസ്സിലായില്ലെന്നാണ് ഭഗവത്വചനാമൃതത്താലും പരിഹരിക്കപ്പെടാവുന്നതല്ല ജീവിതമേൽപ്പിക്കുന്ന യാതനകളെന്ന് സമർപ്പിക്കുവാനാണല്ലോ വ്യാസൻ ഭാരതം രചിച്ചത് എന്ന് പറഞ്ഞാൽ ഭഗവാനും ഭഗവത്വചനവും ഒന്നും നിങ്ങളെ രക്ഷിക്കില്ല എന്നാണ് വ്യാസൻ ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് മഹാഭാരത യുദ്ധം ഗീത അതിന്റെ അവാന്തരത്തിൽ പാണ്ഡവന്മാർ മുഴുവൻ ദുഃഖികളായി ജീവിതം മുഴുവൻ ദുഃഖമായി തീർന്നത് മഹാഭാരത യുദ്ധം പാണ്ഡവന്മാരെ ആനന്ദത്തിലേക്ക് കൊണ്ടുപോയില്ല കീരി കഥ ദുശളയുടെ ദുഃഖം ഏറ്റവും ഒടുവിൽ അതേ യുധിഷ്ഠിരൻ അമ്മയായ ഗുന്തിയെ ശവിക്കുന്നത് യുദ്ധമെല്ലാം കഴിഞ്ഞൊടുവിൽ മരിച്ചു കിടക്കുന്ന വീരന്മാരുടെ പിണ്ടോദകക്രിയകൾ കൊരുകുമ്പോൾ കുന്തി വന്നു പറഞ്ഞു മോനെ നീ ആരുടെ ഉദകക്രിയയാണ് ആദ്യം ചെയ്യാൻ പോകുന്നത് ദുഷ്ടനെങ്കിലും എൻ്റെ വല്യച്ഛൻ്റെ മകൻ്റെ ദുര്യോധനൻ്റെ നിർത്തുമകനെ നീ ആദ്യം നിൻ്റെ സഹോദരൻ്റെ നിൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു കൈപ്പുടന്ന വെള്ളം അവിടെ ഒഴിക്കൂ സൂതപുത്രനെന്ന് വിളിച്ചു പാണ്ഡവന്മാർ ആദ്യവസാനം നിന്ദിച്ച കർണൻ തൻ്റെ അമ്മയിൽ പിറന്ന ആദ്യത്തെ ആളാണെന്നും തൻ്റെ ജ്യേഷ്ഠനാണെന്നും അറിയുന്നൊരു നിമിഷത്തില് യുധിഷ്ഠിരൻ ഉണ്ടാകുന്ന വ്യഥ ഭഗവത്ഗീത യുദ്ധത്തിനാണെങ്കിൽ അത് മാത്രമാണ് യുധിഷ്ഠിരന് ഗീത സമ്മാനിച്ചത് നിങ്ങളും ഗീതയെ ആണയിട്ട് യുദ്ധം ചെയ്തോളൂ ുഃഖമല്ലാതെ മറ്റൊന്നും ഗീത തരില്ല